വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ നാം താഴെ അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗത്തോപ്പുകളിൽ പ്രവേശിപ്പിക്കും അവർ അവിടെ എന്നേക്കുമായി വസിക്കും അവിടെ അവർക്ക് പരിശുദ്ധരായ പങ്കാളികളുണ്ടാകും അത്യുത്തമമായ തണലിലേക്ക് നാം അവരെ പ്രവേശിപ്പിക്കുകയും ചെയ്യും